സാധന ചഷ്ടിക്കു ശേഷം ഒരാൾക്ക് എന്തെയ്യുന്നു ബ്രഹ്മ ജിജ്ഞാസന്ന് പറഞ്ഞ ബ്രഹ്മത്തെ അറിയുന്നതിനുള്ള ആഗ്രഹം ഉണ്ടാകും ഇതാണ് സൂത്രത്തിന്റെ ർത്ഥം സാധന ചേഷ്ടനായ ഒരുവന് ആ സാധനചേഷ്ഠ സമ്പത്ത് ശേഷം പൊതുവെ സാമാന്യമായി പറഞ്ഞു ഇങ്ങനെ സാധന ചേഷ്ട്ക്ക് ശേഷം ഒരുത്തന് ബ്രഹ്മത്തെ അറിയുന്നതിനുള്ള ആഗ്രഹം ഉണ്ടാകും ഇത് ഏത് കാലത്താണ് ഈ പറയുന്ന കാലത്ത് മനുഷ്യന്റെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് എന്താണ് എന്തായിരുന്നു വിദ്യാഭ്യാസം അന്നത്തെ മനുഷ്യന്റെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് വേദാധ്യയനാണ് വേദം ചൊല്ലി പഠിക്കുകയാണ് വേദ ചൊല്ലിപ്പഠിപ്പിക്കുമ്പോൾ ഈ വേദം ചൊല്ലി പഠിക്കുന്നതിൻ്റെ പ്രയോജനം എന്താണ് എന്തിനു പഠിക്കണം ആര് പഠിക്കണം അപ്പ എന്തിനായി വേദം ചൊല്ലിപ്പഠിക്കുന്നത് പറയുന്നു ബ്രഹ്മത്തെക്കുറിച്ച് അവന് അറിയുന്നതിനുള്ള ആഗ്രഹം ഉണ്ടാകും വേദംചൊല്ലിപ്പടിച്ചു കഴിഞ്ഞു അന്നത്തെ വിദ്യാഭ്യാസം അനുസരിച്ച് ഇന്നിപ്പം വിദ്യാഭ്യാസം നേടിക്കഴിഞ്ഞാൽ തൊഴിലന്വേഷിച്ച് പോകും ഡോക്ടറോ എൻജിനീയറോ ഒക്കെ ആവണമെന്ന് പറയും അന്നങ്ങനല്ല അന്നത്തെ വിദ്യാഭ്യാസം മേധാദ്യ ആ വിദ്യാഭ്യാസം കഴിഞ്ഞു കഴിഞ്ഞാൽ ബ്രഹ്മജിജ്ഞാസ ഉണ്ടാവുന്നു പക്ഷെ ഇന്നിപ്പോ പഠിക്കുന്നവരെല്ലാം ഡോക്ടറും എം ബി ബി എസ് ഡോക്ടറും എഞ്ചിനീയറും ഒക്കെ ആവും ഇല്ല പിന്നെ ആരാകുന്നത് പിന്നെ ക്വാളിഫിക്കേഷനോ ശരിയായ ക്വാളിഫിക്കേഷനുള്ള രണ്ട് ടെസ്റ്റ് ഒക്കെ പാസ്സായി ജോലി നേടുന്നു അതുപോലെ ബ്രഹ്മജിജ്ഞാസ ഉണ്ടാവണമെങ്കിൽ വേദം പഠിച്ചാൽ മാത്രം പോരാ സാധന ചതുഷ്ടയ സമ്പത്തി വേണം നമ്മള് മനസിലാക്കേണ്ട ഒരു പ്രധാന കാര്യം ഇന്നുള്ള ആൾക്കാർക്ക് പിടികെട്ടാത്ത ഒരു കാര്യം ഇന്ന് വിദ്യാഭ്യാസം എങ്ങനെയാണ് പല തൊഴിലേക്ക് ചിലര് എഞ്ചിനീയറാവുന്നു ചിലർ ഡോക്ടറാവുന്നു ചിലർ ക്ലർക്കാവുന്നു ചിലർ അതാകുന്നു ഇതാകുന്നു അതുപോലെ പഴയകാലത്തെ വിദ്യാഭ്യാസം ഏതോ അധ്യയനമാണ് അത് കഴിഞ്ഞാൽ ചില ആൾക്കാർ അപൂർവം ചില ആൾക്കാർ പിരിഞ്ഞു പോകുന്ന ഒരു വഴിയാണന്ത് ബ്രഹ്മജിജ്ഞാസ അതിനുള്ള പ്രത്യേക യോഗ്യതയാണ് സാധനചതിഷ്ഠയ സംബന്ധിച്ച് അപ്പൊ ആ കാലത്തെ വിദ്യാഭ്യാസവും ആ കാലത്തെ മനുഷ്യരും അവരുടെ കാഴ്ചപ്പാടും ഒക്കെ അനുസരിച്ചാണ് ഈ ബ്രഹ്മ ജിജ്ഞാസയെ കുറിച്ച് പറയുന്നത് എങ്ങനെയല്ല ഈ കാലഘട്ടത്തിലെ മനുഷ്യനെ കുറിച്ചോ അവന്റെ വിദ്യാഭ്യാസത്തെ കുറിച്ചോ അവന്റെ കാഴ്ചപ്പാടൊന്നും ഇത് പറയുന്നത് ആയിരക്കണക്കിന് വർഷം പത്തിരണ്ടായിരം വർഷം മുമ്പ് ജീവിച്ചിരുന്ന മനുഷ്യരുടെ ജീവിത ശൈലിയെ അതാണ് പറയുന്നത് എന്ന് പറഞ്ഞാ ഒന്നുകൂടെ തെളിച്ചു പറഞ്ഞാ എന്താണ് ഒന്നുകൂടെ ക്ലിയറായി പറഞ്ഞ എന്താണ് ഇന്നത്തെ കാലത്ത് ജീവിച്ചിരിക്കുന്ന ഇന്നത്തെ രീതി ചിന്തിക്കുന്ന ഇന്നത്തെ താല്പര്യങ്ങളെല്ലാം നമ്മളെപ്പോലെയുള്ള ആൾക്കാർക്ക് വേണ്ടിയല്ല ഇത് എഴുതി വച്ചിരിക്കുന്നത് അപ്പോ നമ്മൾ ഇതിന്റെ പുറകെ നടക്കുന്ന എന്തുകൊണ്ട് കാലത്തെക്കുറിച്ചുള്ള തിരിച്ചറിവില്ലാത്തത് ശരിയായ കാലബോധമില്ലാത്ത അവർക്ക് വേണ്ടിയാണ് ഇന്ന് വിദ്യാഭ്യാസം കഴിഞ്ഞ് പല വഴിക്ക് തിരിയുന്ന പോലെ അന്നും ഉണ്ടായിരുന്നു അന്ന് വിദ്യാഭ്യാസം കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനച്യോതിഷ്ഠയ സമ്പന്നന്മാര് മാത്രമാണ് ഇങ്ങോട്ട് തിരിയേണ്ടതെന്ന് പറയുകയാണ് തിരിയുന്നുയില്ല എന്നുള്ള വേറെ കാര്യം ൊഴി വച്ചിരിക്കയാണ് സാധന സംബന്ധന്മാര് ബ്രഹ്മ ജിജ്ഞാസക്ക് തിരിയണം എന്നാ സാധന സംബന്ധന്മാർ അല്ലാത്തവരുമുണ്ട് അവരെന്നങ്ങോട്ട് തിരിയണം അവര് ധർമ്മ ജിജ്ഞാസ വൈദിക കർമ്മമാർഗങ്ങളിലേക്ക് പോകണം അതും ഇന്നുള്ള മനുഷ്യർ ഉദ്ദേശിച്ചിട്ടില്ല അന്നത്തെ മനുഷ്യർ ഉദ്ദേശിച്ചിട്ടാണ് രണ്ടും ഇത് അടിസ്ഥാനപരമായി മനസ്സിലാക്കിയിരുന്ന നല്ലത് അപ്പൊ ഈ ഇതൊന്നും രണ്ടാമത്തെ അർത്ഥം ഒരർത്ഥം ഇതാണ് എന്താണ് സാധന ചോഷ്ടശേഷം ബ്രഹ്മത്തെ അറിയാൻ ആഗ്രഹം ഉണ്ടാകുന്നു രണ്ടാമത്തെ അർത്ഥം പറയുന്നതിന് ഇതിൽ നിന്ന് വാച്യാർത്ഥമായി കിട്ടത്തില്ല ഭാഷകാരന്റെ വ്യാഖ്യാനങ്ങളിൽ നിന്ന് കിട്ടുന്ന അർത്ഥമാണ് പറഞ്ഞിരിക്കുന്നു ഇവിടെ ഇല്ല ക്രിയയെ അധ്യാഹരിക്കണം ഇപ്പൊ എന്താണ് ബ്രഹ്മജിജ്ഞാസ കർത്തവ്യ സാധനച്യോതിഷ്ഠ സംബന്ധിക്ക് ശേഷം ബ്രഹ്മജിജ്ഞാസ്യ കർത്തവ്യ കർത്തവ്യന്ന് വെച്ചിരിക്കണം ാണ് ബ്രഹ്മജിജ്ഞാസ എന്ന് പറഞ്ഞ ബ്രഹ്മജിജ്ഞാസ എന്ന് ആഗ്രഹം ബ്രഹ്മത്തെ അറിയുന്ന ആഗ്രഹം അതിനെ ആഗ്രഹത്തെ സൃഷ്ടിക്കേണ്ടതാണ് എന്നാ പറയുന്നു ഗ്രഹം എന്ന് പറയുന്നത് പ്രയത്നത്തിലൂടെ സാധിച്ചെടുക്കേണ്ട ഒന്നല്ല എന്നാണ് ആഗ്രഹം എന്ന് പറയുന്നത് എന്താണ് ഒരു വികാരമാണ് ഒരു ഇമോഷൻ എനിക്കത് വേണം ഇത് വേണം ഈ വിഷയത്തിന് കാരണം എന്താണ് ആഗ്രഹത്തിന് കാരണം പൊതുവെ പറയുന്ന വിഷയ സൗന്ദര്യം വിഷയങ്ങളിൽ ഉണ്ടാകുന്ന സൗന്ദര്യമാണ് മനുഷ്യന് ആഗ്രഹത്തെ ഉണ്ടാകുന്നത് മൊബൈല് എനിക്ക് ഇതിനൊരു ഞാൻ ഇഷ്ടപ്പെടുന്ന ചില കാര്യങ്ങൾ ഇതിനുണ്ട് അതിനാണ് സൗന്ദര്യം എന്ന് പറയുന്നത് അതുള്ളത് കൊണ്ട് ഞാൻ ഇതിനാഗ്രഹിക്കും എനിക്ക് ഇഷ്ടപ്പെടുന്ന എന്തുകൊണ്ടോ അതാണ് സൗന്ദര്യം ഉണ്ടോ പ്രത്യേകിച്ചൊരു സൗന്ദര്യം ഭക്ഷണം കഴിക്കുന്നു എനിക്ക് ആഗ്രഹം വരുന്ന എന്തുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെടുന്ന എന്തോന്ന് അതിലുണ്ട് അത് തന്നെയാണ് വിഷയ സൗന്ദര്യം അപ്പൊ വിഷയ സൗന്ദര്യമാണ് ആഗ്രഹത്തെ ഉണ്ടാക്കുന്നു മറിച്ച് നമ്മൾ ആഗ്രഹത്തെ നിർമ്മിച്ചെടുക്കുകയല്ല അത് സംഭവിക്കുന്ന ആഗ്രഹം എന്ന് പറയുന്ന ഒരു വിഷയത്തിൽ നമ്മള് നിർമ്മിച്ചെടുക്കുന്ന അത് തനിയെ സംഭവിക്കുന്നതാണ് അപ്പം ബ്രഹ്മജിജ്ഞാസ ക്രിയയെ കൊണ്ടുവന്ന് ഉണ്ടാക്കിയെടുക്കേണ്ടതാണ് ജിജ്ഞാസ എന്ന് വെച്ചാൽ ആഗ്രഹം ആഗ്രഹത്തെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ആഗ്രഹത്തെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നിർമ്മിക്കാൻ പറ്റും ആഗ്രഹത്തെ അത് ആ വിഷയത്തോ വിഷയ സൗന്ദര്യം കൊണ്ട് നമുക്ക് ഉണ്ടാകേണ്ടതാണ് അപ്പോ പിന്നെ ഇവിടെ ബ്രഹ്മജിജ്ഞാസ കർത്തവ്യ എന്ന് പറഞ്ഞാൽ ജിജ്ഞാസ എന്ന് പറയുന്ന ശബ്ദത്തിന്റെ പാചർത്ഥത്തെടുത്ത് ലക്ഷണയിലൂടെ അതിനൊരു അർത്ഥം കൊടുക്കണം ബ്രഹ്മജിജ്ഞാസ എന്ന് പറഞ്ഞാൽ ബ്രഹ്മവിചാരം കർത്തവ്യന്ന് വെച്ചാൽ ഇതാണ് രണ്ടാമത്തെ അർത്ഥം രണ്ടാമത്തെ അർത്ഥം ഇതാണ് ഏതാണ് ബ്രഹ്മവിചാരം പൂർണ്ണമായില്ല സാധന ചതുഷ്ട സമ്പത്തിക്ക് ശേഷം ബ്രഹ്മവിചാരം ചെയ്യേണ്ടതാണ് ഇത് രണ്ടാമത്തെ അർത്ഥം ഈ രണ്ടർത്ഥം ഈ സൂത്രത്തിലുണ്ട് എന്താണ് അതാന്ന് ബ്രഹ്മിജ്ഞാസെന്ന് ചോദിച്ചു ചോദിച്ചു കഴിഞ്ഞാ അവിടെ അത്തഹയ്ക്ക് ഒരു പ്രത്യേക അർത്ഥം നേരത്തെ പറഞ്ഞിട്ടുണ്ട് അതാന്ന് വെച്ച ഇഹപര ലോകങ്ങളിലുള്ള ഫലങ്ങളെല്ലാം അനിത്യമായതുകൊണ്ട് ഈ ലോകത്തിലും പല പരലോകത്തിലുമുള്ള കർമ്മങ്ങളുടെ ഫലങ്ങളെല്ലാം അനിത്യമായതുകൊണ്ട് വൈരാഗ്യം ഉണ്ടാവും അതാണ് സാധനചേഷ്ഠത്തി അതിന് വൈരാഗ്യം വരും അപ്പൊ കർമ്മഫലങ്ങൾ അനിത്യമായതുകൊണ്ട് ചുരുക്കി പറയാം കർമ്മഫലങ്ങൾ അനിത്യുന്നുണ്ട് സാധനചതു സമ്പത്തിക്ക് ശേഷം എന്ത് സംഭവിക്കുന്നതാണ് ആദ്യത്തെ അർത്ഥം ബ്രഹ്മത്തെ അറിയിക്കുന്നതിനുള്ള ആഗ്രഹം ഉണ്ടാകുന്നു രണ്ടാമത്തെ അർത്ഥം എന്താണ് ചെയ്യേണ്ട രണ്ടർത്ഥവും അറിഞ്ഞു കഴിഞ്ഞാൽ അതാത് ബ്രഹ്മയുടെ അർത്ഥം മനസ്സിലാക്കി മനസിലായ ആഗ്രഹം എന്ന് പറയുന്ന ഒരു കാര്യം പറയുന്നത് പൊതുവെ ഒരു നിയമമുണ്ട് ആഗ്രഹത്തെ സംബന്ധിച്ച് നമ്മളുടെ ആഗ്രഹം എങ്ങനെയാകുന്നത് ഒരു വിഷയത്തെ അറിയുമ്പോൾ ആഗ്രഹം ഉണ്ടാവും അതായത് ഞാൻ അറിയുകയാണ് വിശപ്പ് ഭക്ഷണത്തിനുള്ള ആഗ്രഹം ഉണ്ടാകുന്നു ദാഹം വെള്ളത്തിൽ കുടിക്കുന്നതിനുള്ള ആഗ്രഹം ഉണ്ടാകും ഇങ്ങനെ ഏത് വസ്തുക്കളും നമുക്ക് നമുക്കറിയാം ഒരു വിഷയത്തെ അറിയുമ്പോൾ അതിനെ തുടർന്ന് അതുമായി സംബന്ധിച്ച് ആഗ്രഹം ഉണ്ടാകണമെങ്കിൽ ഉണ്ടാകില്ലാതെ ഇരിക്കാം എനിക്ക് വിശപ്പുണ്ട് പക്ഷെ ഭക്ഷണം കഴിക്കാൻ ആഗ്രഹം ഉണ്ടാകുന്നു ഇല്ലാതെയും വരാം എന്തുകൊണ്ട് എന്തോണ്ട് എന്ത് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ എനിക്ക് ആഗ്രഹം വേറെയും ആഗ്രഹം എന്തുകൊണ്ട് എന്ത് പ്രോബ്ലം അസുഖം അസുഖത്തിന്റെ കാര്യം പറഞ്ഞില്ലേ വീണ്ടാതെ പ്രോ എനിക്ക് വിശപ്പുണ്ട് ഞാൻ അറിഞ്ഞു വിശപ്പുണ്ട് പക്ഷെ ആഗ്രഹം കഴിക്കാനുള്ള ആഗ്രഹമില്ല എന്തുകൊണ്ട് എന്റെ മുമ്പേ ഇരിക്കുന്ന ഭക്ഷണത്തിൽ വിഷമുണ്ടെന്നറി കഴിക്കാൻ തോന്നും ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും ആഗ്രഹം ഉണ്ടാകാതിരിക്കാം പക്ഷേ അതാണ് പറഞ്ഞ വിഷയ സൗന്ദര്യം അല്ല സംഗതികളുടെ അനുകൂലമാണെന്നുള്ള ഒരു ബോധം ഉണ്ടാക്കഴിഞ്ഞാൽ ആഗ്രഹം ഉണ്ടാകും എന്നു വെച്ചു വയറ്റിന് കുഴപ്പമൊന്നും ഇല്ല ഭക്ഷണത്തിൽ വിഷമില്ല നല്ല ഭക്ഷണമാണ് അതാണ് വിഷയസൗന്ദര്യം അതുകൊണ്ടായി ഞാൻ എന്തൊരു ആഗ്രഹം ഉണ്ടാകും അതിനെ നമ്മൾ ഉണ്ടാക്കിയെടുക്കണ്ടെന്നാണ് പറയുന്നത് അത് കൃതിസാധ്യമല്ല പ്രയത്ന സാധ്യമല്ല മനസിലായോ ഞാനിപ്പോ എനിക്കൊരു എന്താണ് പുസ്തകം വേണം ഒരു പുസ്തകം വേണം അതെന്റെ പ്രയത്ന സാധ്യമാണ് ഞാൻ പ്രയത്നിച്ച് പുസ്തകത്തിന് കാശുണ്ടാക്കി കാശ് കൊടുത്ത് പുസ്തകമാണ് കൃതിസാധ്യമാണ് പക്ഷെ ഞാനൊരു പുസ്തകത്തെ ആഗ്രഹിക്കുന്നു അവിടെ എന്തെങ്കിലും പ്രയത്ന സാധ്യമായ എന്തെങ്കിലും ഉണ്ടോ ഒന്നുമില്ല ആഗ്രഹിക്കുന്നതിന് ആഗ്രഹം എന്ന് പറയുന്ന യത്ന സാധ്യമല്ല ഒരു യത്നവും കൂടാതെ തന്നെ ഒരാൾക്ക് ആഗ്രഹിക്കും അല്ലേ ഞാൻ ആഗ്രഹിക്കുന്നു പ്രയത്നം എന്തെങ്കിലും ഉണ്ട് അതാണ് ഇച്ഛ എന്ന് പറയുന്നത് കൃതിസാധ്യമല്ല പക്ഷെ വിചാരം അങ്ങനെ വിചാരമെന്ന് പറയുന്നത് പ്രയത്ന സാധ്യമാണ് നമ്മള് പ്രയത്നിച്ചാണ് ചിന്തിക്കുന്നത് പ്രയത്നം വിചാരം നിറ അപ്പ ബ്രഹ്മ ജിജ്ഞാസന്ന് പറഞ്ഞ ഇച്ഛ എന്നുള്ള അങ്ങോട്ട് വിട്ടിട്ട് ലക്ഷ്യ അർത്ഥമായിട്ട് എന്തിനു വിചാരം പ്രയത്ന സാധ്യമായ വിചാരം പ്രയത്ന സാധ്യമായത് കൊണ്ട് തന്നെ അത് നമ്മൾ ചെയ്യണം വിചാരം പ്രവൃത്തിയിലൂടെ സിദ്ധമാകുന്നതാണ് അത് നമ്മൾ ചെയ്യണം അതുകൊണ്ടാണ് ഇവിടെ അർത്ഥം പറയുന്നു അതാതു ബ്രഹ്മ ജിജ്ഞാസ കർത്തവ്യ മനസിലായേ വ്യത്യാസങ്ങൾ മനസ്സിലായേ ിജ്ഞാസ കർത്തവ്യ അല്ലെങ്കിൽ അവിടെ ബ്രഹ്മിജ്ഞാസ കർത്തവ്യ പദാഗ്രഹി നമ്മൾ അധ്യാഹരിച്ചാൽ അവിടെ ബ്രഹ്മിജ്ഞാസയുടെ അർത്ഥം എന്താവും ആഗ്രഹം ഇല്ലാതെ അത് സഫലമാവും ആഗ്രഹമില്ലാതെ എനിക്കു പറഞ്ഞു കഴിഞ്ഞാല് സാധാരണ പ്രവർത്തിക്കുന്നതിന്റെ ഒരു കൃതി ഒരു ക്രമം ഇതാണ് ജാനാതി യതി യഥത്തെ ജാനാതി ഇച്ഛതി എന്ന അറിയുന്നു ആഗ്രഹിക്കുന്നു പ്രത്യേകിക്കുന്നു എന്നാൽ ആഗ്രഹില്ലാതെയും പ്രവർത്തിക്കാം ഫലമാണ് അത് ആഗ്രഹമില്ലാതെ എന്ന് പറഞ്ഞാല് എങ്ങനെ പ്രവർത്തിക്കുന്നു വെച്ചു കഴിഞ്ഞാല് എന്റെ ശ്വാസോച്ഛ്വാസം ചെയ്യും ഞാൻ ഹാർട്ട് മെടിക്കുന്നു ആഗ്രഹിച്ചിട്ടാണ് അങ്ങനെയുള്ള പ്രവൃത്തികൾ എന്നുവെച്ചാൽ നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന അൺകോൺഷ്യസ് ആയിട്ടുള്ള പ്രവൃത്തികളുണ്ടല്ലോ അതൊന്നും നമ്മൾ ആഗ്രഹിച്ചിട്ടല്ല നടക്കുന്നു നമ്മൾക്ക് ആഗ്രഹമെന്നൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പേ തുടങ്ങി ഗർഭത്തിൽ അമ്മയുടെ ഗർഭത്തിൽ ഇരുന്നപ്പോൾ തന്നെ ഈ പണികളൊക്കെ തുടങ്ങിയാണ് നമ്മൾ അറിഞ്ഞ് ആഗ്രഹിച്ചിട്ടാണ് ജനിച്ചു കഴിഞ്ഞിട്ട് റിഞ്ഞോ ഇങ്ങനെ സംഭവിച്ചോണ്ടേ പിന്നെ കൊറച്ച് വളർന്നു കഴിഞ്ഞപ്പോഴാണ് പിന്നെ അറിവും ആഗ്രഹമൊക്കെ ഉണ്ടാകുന്നത് അങ്ങനെ പ്രവർത്തിക്കുന്നു അതുകൊണ്ട് ആഗ്രഹിക്കാതെ പ്രവർത്തിക്കുമെന്ന് ചോദിച്ചാൽ ഇങ്ങനെയുള്ള പ്രവൃത്തികളൊക്കെ കാണാം മറിച്ച് നമ്മള് ബോധം ഉണ്ടായതിനു ശേഷം എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യുകയാണെങ്കിൽ അതിന്റെ പിന്നിൽ ഏതെങ്കിലും തരത്തിലുള്ളൊരു ആഗ്രഹം ഉണ്ടായിരിക്കും നല്ല ആഗ്രഹിക്കാതെ പ്രവർത്തിക്കത്തില്ല മനസിലായെ ബ്രഹ്മജ്ഞാനം വേണം എന്നുള്ള സാധന ചെയ്യണമെങ്കിൽ മാത്രമല്ല ബ്രഹ്മജ്ഞാനം വേണോന്നുള്ള ആഗ്രഹം എന്തായാലും അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവനും ഉണ്ടാകും സ്വാഭാവികമായിട്ടും ആഗ്രഹം കൊണ്ടല്ല ഫലമുണ്ടാകുന്നത് ആഗ്രഹം കൊണ്ടാണ് പ്രവൃത്തി നടക്കുന്നത് ഫലമുണ്ടാകുന്നത് വേറെ കാര്യങ്ങളാണ് ആഗ്രഹം കാരണമായിരിക്കുന്ന എന്തിന് പ്രവൃത്തിക്ക് പിന്നീ ശാരീരികമായല്ല നമ്മൾ ആഗ്രഹിക്കാത്ത ചില കാര്യങ്ങൾ നടക്കും ഞാനിപ്പോൾ എവിടെയെങ്കിലും സംസാരിച്ചു അവിടെ പിടിക്കുന്നു ഇവിടെ പിടിക്കുന്നു ചൊറിയുന്നു ആളുന്നു തിരിയുന്നു ഇതൊക്കെ ആഗ്രഹിച്ചിട്ടാണോ നല്ല എൻ്റെ ശാരീരിക ചേഷ്ട വഴിയെ നടന്നു പോകുമ്പോൾ വഴിയിൽ കാണുന്ന പുല്ലെ കുറിച്ച് വായിയിടുന്നു ആഗ്രഹിച്ചിട്ടാണ് ഇലയെ പഠിച്ച് കടിക്കുന്നു ആഗ്രഹിച്ചിട്ടാണ് അങ്ങനെ ആഗ്രഹിക്കാതെയുള്ള പ്രവർത്തികൾ നടക്കുന്നുണ്ട് നമ്മൾ ശ്രദ്ധിക്കാതെ നടക്കുന്ന പ്രവർത്തികളുണ്ട് ഒരുപാട് പക്ഷെ അല്ലാതെ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ എന്തു ചെയ്യും നമ്മൾ ഇത്തരം കാര്യങ്ങൾ ഒഴിവാക്കിയാ മോക്ഷമാണെങ്കിലും ബ്രഹ്മമാണെങ്കിലും ജ്ഞാനമാണെങ്കിലും ഇതെല്ലാം എന്താണ് മനുഷ്യ ആഗ്രഹിച്ചിട്ടാണ് ചെയ്യുന്നത് പക്ഷെ ആഗ്രഹം പ്രവൃത്തി കൊണ്ട് നടക്കുന്നതല്ല പ്രവൃത്തി ആഗ്രഹസാധ്യമാണ് ആഗ്രഹം പ്രവൃത്തി സാധ്യമല്ലെന്നാണ് ഇവിടെ പറയുന്നത് സാധനചതുഷ്ടയ സംബന്ധിക്ക് ശേഷം ഇത് ഓട്ടോമാറ്റിക്കലി ആഗ്രഹിച്ചു സാധനചതുഷ്ടയ സംബന്ധിക്ക് ശേഷം എന്തോ ഓട്ടോമാറ്റിക്ക് ഉണ്ടാകില്ല ഇച്ഛ ഇച്ഛ ഉണ്ടാവുന്നത് അവൻ ബ്രഹ്മത്തെ കുറിച്ച് അറിയുമ്പോ ബ്രഹ്മത്തെ കുറിച്ച് അവൻ അറിയുന്നു അപ്പൊ അവന് ആഗ്രഹം ഉണ്ടാകുന്ന എന്താണ് ബ്രഹ്മത്തെ പ്രാ ജ്ഞാനം ഉണ്ടാവണം അല്ലെങ്കിൽ ഇമോഷൻ നേടണം ആഗ്രഹം ഉണ്ടാവും അപ്പൊ അറിവാണ് അവിടെ ആഗ്രഹത്തിന് കാരണമായിരിക്കുന്നു ബ്രഹ്മത്തെക്കുറിച്ച് അവൻ എങ്ങനെ അറിയും സിമ്പിൾ ക്വസ്റ്റ്യൻ വേദാധ്യാനം വേദാധ്യയനം ചെയ്യുമ്പോ ബ്രഹ്മത്തെ അറിയും ബ്രഹ്മത്തെ അറിയുമ്പോ അവൻ ആഗ്രഹിക്കും ജ്ഞാനത്തിന് വേണ്ടി പിന്നെ മോക്ഷത്തിന് വേണ്ടി ആഗ്രഹിക്കും അപ്പൊ അവന്റെ പ്രവൃത്തിയിലൂടെ സാധിക്കുന്ന എന്താണെന്നുള്ളതാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് രണ്ടർത്ഥം വരാൻ കാരണമാണ് അവന്റെ അധ്വാനത്തിലൂടെ അവൻ സാധിക്കുന്ന എന്താണ് ഇച്ഛയല്ല അതുകൊണ്ട് രണ്ടർത്ഥം എന്താണ് സാധനചേഷന്തിക്ക് ശേഷം അവൻ ആഗ്രഹിക്കുന്നു രണ്ടാമത് പറയുന്ന എന്താണ് സാധനചേഷം വിചാരം ഇച്ഛ എന്ന് പറയുന്നത് യത്നസാധ്യമല്ല അതുകൊണ്ട് മറ്റൊരർത്ഥം കൊടുക്കുന്നു യത്നസാധ്യമായ എന്താണ് വിചാരം മതവും ചെയ്യുന്നു അവിടെ പ്രയത്നം ആവശ്യമാണ് അതാത് ബ്രഹ്മയുടെ രണ്ടടത്തും പറഞ്ഞിരിക്കുന്ന ഈ രണ്ടാടത്തും ഭാഷകാരനും പറയുന്നതാണ് ഈ രണ്ടാടത്തും ഭാവനീകാരനും പറയുന്നതാണ് വിചാരം ചെയ്യേണ്ടതാണെന്നോ പ്രാധാന്യം കൂടുതലുള്ളത് അതിനാണ് പ്രാധാന്യം കൂടുതൽ വിചാരം ചെയ്യുക കാരണം ഇത് ആദ്യത്തെ സൂത്രമാണ് ഇനി വരുന്ന അഞ്ഞൂറ്റി അമ്പത്തി അഞ്ച് വിചാരമാണ് അവിടെ എല്ലാം നടക്കുന്ന ഓരോ സൂത്രത്തിനും നമ്മൾ എന്ത് ചെയ്യുന്നു വിചാരം ചെയ്യുക അതുകൊണ്ട് വിചാരത്തിനാണ് പ്രാധാന്യം ഭാഷ്യം എന്ന് പറയുന്നത് വിചാരമാണ് നമ്മൾ അതിനെ കുറിച്ച് മനസ്സിലാക്കുക എന്ന് പറഞ്ഞ വിചാരമാണ് അതാണ് വിചാരം നടത്തിക്കൊണ്ടിരിക്കുന്ന വിചാരമാണ് അത് ടീക ടിപ്പണി വ്യാഖ്യാനം ഭാഷ്യം എന്നൊക്കെ പറയുമ്പോൾ വിചാരം വലുതായി വലുതായി വലുതായി പോകും ഭാഷകാരൻ പറഞ്ഞ ഒരു വാക്കെടുത്ത് വെച്ചിട്ട് ഭാമതി കാരണം വിശദീകരിക്കും അവൻ ബാമതികാരന്റെ ഓരോ വാക്കുകൊടുത്ത് വെച്ചിട്ട് നമ്മൾ കുറയും ശരി ഇതെല്ലാം എന്താണ് വിചാരം ഇതിനു വിചാരമെന്ന് പറയും അപ്പൊ ബ്രഹ്മസൂത്രത്തില് അതാതോ ബ്രഹ്മജിജ്ഞാസെന്നു പറഞ്ഞു രണ്ടർത്ഥമുണ്ട് രണ്ടാമത്തെ അർത്ഥം അതാണ് അർത്ഥമായി ഞാൻ പറഞ്ഞു രണ്ടാമത്തെ അർത്ഥം ഏതാന്ന് ചോദിച്ചപ്പോ എന്തൊക്കെയോ പറഞ്ഞു ചോദിച്ച മാത്രം പറഞ്ഞില്ല എന്താണ് രണ്ടാമത്തെ അർത്ഥം വിവ്യം സാധനം പോയി സാധനകംബന്ധിക്ക് ശേഷം വിചാരം കർത്തവ്യം വിചാരം കർത്തവ്യാണ് ഒന്നാമത്തെ അർത്ഥം ആ ഇതാ വേണ്ട ഒരുപാട് പഠിച്ചാസ ഒരുപാട് പഠിച്ചിട്ട് ഒരു കാര്യം ബ്രഹ്മജ്യത്യാസിക്ക് ശേഷം സംബന്ധിക്ക് ശേഷം ശേഷം പോരാ വീണ്ടും തെറ്റി പോരാഗ്രഹത്തെ സൃഷ്ടിക്കേണ്ടതാണ് ആഗ്രഹത്തെ സൃഷ്ടിക്കാൻ പറ്റില്ലെന്നാണ് ഇതുവരെ പറഞ്ഞത് ഇപ്പൊ സൃഷ്ടിക്ക സൃഷ്ടിച്ച് ഞാൻ ഇതുവരെ ഇരുന്നു സൃഷ്ടിക്കുന്നത് ഞാൻ ഇത്രയും കാലം ഇരുന്ന് തിട്ടിക്കരുത് തിട്ടിക്കരുത് എന്ന് പറഞ്ഞ അവസാനം തിട്ടിച്ചു വെച്ച പറഞ്ഞ നമ്മളാരായി ഈ പറഞ്ഞ ഞാനാരായി ർത്ഥം എന്താണ് ചതു കർത്തവ്യം ആ പോയി പോയി കർത്തവ്യം പറഞ്ഞ പോയി ബ്രഹ്മസം ഉണ്ടാക്കണമെന്ന് പറഞ്ഞുണ്ടാകാൻ ഉണ്ടാക്കരുത് ഉണ്ടാക്കരുത് ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞുണ്ടാക്കി അപ്പൊ പിന്നെ പോരാ സാധന ചുരുഷ്ട ശേഷം ഒരാൾക്ക് ബ്രഹ്മിജ്ഞാസാകുന്നു ആ എന്ന് പറയും സാധന ചുതുയ സമ്പത്തിക്ക് ശേഷം ബ്രഹ്മ ജിജ്ഞാസപതി ബ്രഹ്മജിജ്ഞാസ ഉണ്ടാവുന്നു പിന്നെ രണ്ടാമത്തെ എന്താണ് കർത്തവ്യല്ല കർത്തവ്യ കർത്തവ്യം ബ്രഹ്മവിചാരം ബ്രഹ്മവിചാരം കർത്തവ്യം പറഞ്ഞ വിചാരം ചെയ്യണം ബ്രഹ്മവിചാരം ചെയ്യേണ്ടതാണ് ചെയ്യേണ്ടതാണ് ഒന്നാമത്തെന്താണ് അർത്ഥം ശേഷം ബ്രഹ്മ ബ്രഹ്മവിദ്യാസ്രഹ്മിജ്ഞാസയുടെ അർത്ഥം കൂടെ പറയണം എന്നാലും ശെരിയോ ബ്രഹ്മസഭവതി എന്ന് പറഞ്ഞാൽ അർത്ഥം കൂടെ പറയണം മലയാളത്തിൽ ബ്രഹ്മത്തെ അറിയാനുള്ള ആഗ്രഹം രണ്ടാമത്തെ അർത്ഥം ശേഷം വിചാരം ഈ രണ്ടർത്ഥം ഇവിടെയുള്ളതാണ് ഭാഷയത്തിലുള്ളതാണ് ബാമതിയിലും ഉള്ളതാണ് ഒരുപാടൊന്നും പഠിക്കണ്ട ഇത്രയൊക്കെ പഠിച്ചാൽ മതി നാളെ പഠിച്ചോണ്ട് കഴിഞ്ഞു കഴിഞ്ഞ നിലച്ചലച്ചിട്ട് അതെ അതെ ഞാൻ പറയുക നിലച്ചിട്ടെന്താ കഴിയും